നാനാർത്ഥം പൂത്തു തളർത്ത ഭൂമിയിലെ സംസ്കാരത്തിന്റെ ഊഷ്വരഭൂമി ഹിമാലയവും സിന്ധു നദിയും ഈ ആര്യദ്രാവിഡ സംസ്കാരത്തിന് ഉണർത്തുപാട്ടായി വേദങ്ങളും ഉപനിഷത്തുകളും ഇതിഹാസങ്ങളും അവിടെ ജൈനനും ബുദ്ധനും ശങ്കരാചാര്യനും ആശയപ്രകാശങ്ങളായി അശോകനും ഗുപ്തനും മഹാസ്തംഭങ്ങളായി അക്രമകാരികളെ സമചിത്തതയോടെ നേരിട്ട ഭാരതാമ്പ ഗോറിക്കും മുകളന്മാർക്കും ഈ മടിത്തട്ടിൽ തന്നെ സ്ഥാനം നൽകി പിന്നെ കച്ചവടക്കണ്ണിന്റെ പാശ്ചാത്യ വിളയാട്ടങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ ശിപായി ലഹളകൾ ദണ്ഡിയിലേക്ക് നടന്നുപോയ സഹനസമരത്തിന്റെ സത്യപുസ്തകം ഇങ്ങനെ പോകുന്നു നമ്മുടെ ഭാരതത്തിലെ കാഴ്ചകൾ വിശദാംശങ്ങളിലൂടെ